സൂത്ര ഭാഷാധ്യായ നാല് പാതമൂന്നദികളും വലിയ സൂത്രം പോകുന്ന കാര്യ അഭിസന്ധി പറയുന്നത് അദ്വൈത ജ്ഞാനത്തിൻ്റെ പ്രയോജനം പലതും പറഞ്ഞു പാപ ബോധമില്ല ഭയമില്ല എന്ന് പറഞ്ഞു അത് അനുഭവം അപ്പോൾ പറഞ്ഞ വിദുഷ വിവാൻ അറിയുന്നവൻ ഈ തത്വത്തെ അറിയുന്നവന് തുഷ്ടി അനുഭവം സന്തുഷ്ടി പൂർണമായ തുഷ്ടി തൃപ്തി ആനന്ദം എങ്ങനെയാണ് പറയാൻ അർത്ഥവ്യത്യാസമല്ല അപ്പോ എങ്ങനെയാണ് അങ്ങനെ ഒരു അദ്വൈത ബോധമുള്ളവൻ സൃഷ്ടി അനുഭവപ്പെടുന്നത് എങ്ങനെ എന്തുകൊണ്ട് കാരണം അദ്വൈത ബോധം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയുടെ ബോധമാണ് പൂർണ്ണതയുടെ ബോധം എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ പൂർണ്ണത അതാണ് ആധ്യാത്മികമായ പൂർണത എന്ന് പറയുന്നത് പൂർണ്ണത എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് പറയും കാലദേശ വസ്തു പരിച്ഛേദ ശൂന്യം എന്നെല്ലാം പറയും അതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് ഭേദശൂന്യത അതാണ് അപ്പൊ അവിടെ ഭേദമല്ല ദ്വൈതം എന്ന് പറയുന്നതിൻ്റെ നേരെ വിരോധം ഭേദമുണ്ട് താൻ വേറെ ഈശ്വരൻ വേറെ ഈശ്വരൻ അന്യനായി കണ്ട് ഭജിക്കുന്നു അപ്പൊ അത് അദ്വൈതത്തിന് സ്വീകാര്യമായ ഒന്നല്ല കാരണം ആരാണോ അന്യനായി കണ്ട് ഈശ്വരന് ഭജിക്കുന്നത് അവൻ ആ ഈശ്വരന്മാരുടെ പശുവാണ് എന്നാണ് ശ്രുതി എന്ന് പറയുന്നത് വൻ ഭജിക്കുന്നത് എന്തെങ്കിലും അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വേണ്ടി ഭജിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ അവൻ അനുഗ്രഹിക്കും തിരിച്ചവൻ അങ്ങോട്ട് വീണ്ടും എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് ഭജന ഭജനയുടെ ഭാഗം അല്ലെങ്കിൽ അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് ഈശ്വരനെ സന്തോഷിപ്പിക്കുക അവിടെ നിന്ന് നേടുക വീണ്ടും സന്തോഷിപ്പിക്കുക നേടുക ഇത് പശുത്വം എന്നാണ് ശ്രുതി എന്ന് പറയുന്നു എന്താ അദ്വൈതിയായ ഭാഷികാരം പറയുന്നുണ്ട് അപ്പൊ അതിനെ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുക അതാണ് അദ്വൈതത്തിൽ ചെയ്യുന്നത് അതിനോട് ഒന്ന് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അദ്വൈതം ഒന്നും സാധിക്കില്ല രണ്ടും കൂടിയാണ് പറ്റുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നു പൂർണതയാണ് ആ പൂർണ്ണതയിൽ ഭേദമില്ല ഞാൻ ഈശ്വരൻ ഈ പ്രപഞ്ചം ഇങ്ങനെയുള്ള ഒരു ഭേദമുണ്ട് പക്ഷെ നീ പൂർണനാണ് പൂർണ്ണമത പൂർണ്ണമിത എന്നൊക്കെ അങ്ങോട്ട് പാടുമ്പോ പക്ഷെ ആ പൂർണ്ണത ഇവിടെ ആ പൂർണ്ണത നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത് ഒരിടത്തും പൂർണ്ണത കാണാൻ പറ്റുന്നില്ല തന്നിലോ തൻ്റെ അനുഭവ വേദ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലോ തന്നിൽ നിന്നും അന്യമായി കാണുന്ന ഈശ്വരനോ പൂർണ്ണത സാധ്യമല്ല കണ്ടെത്താൻ പറ്റില്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് കണ്ടെത്താൻ പറ്റില്ല ഇതങ്ങനെയല്ല ഇവിടെ പറയുന്ന പൂർണ്ണത എന്ന് പറയുന്നത് ബുദ്ധി ബോധ്യം എന്നാണ് അവനെ തന്നെ ബോധിക്കുന്നതാണ് അപ്പം നമ്മൾ പൂർണ്ണതയെ ആഗ്രഹിക്കുകയും പൂർണ്ണതയെക്കുറിച്ച് അറിയുകയും ആഗ്രഹിക്കുകയും നേടാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖം വരും വ്യവഹാരത്തിലും അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അങ്ങനെ ഇന്നൊരു കാര്യം ശരിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു ശരിക്കും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖം വരും പ്രയാസം വരും ഇന്ന കാലം കൊണ്ട് ഇന്ന പ്രവൃത്തി ഇന്ന രീതി ചെയ്യണമെന്ന് മനസ്സിലൊരു ടാർഗറ്റ് നടക്കുന്നില്ലെങ്കിൽ ദുഃഖം വരും എന്തുകൊണ്ട് അപൂർണത എപ്പോഴും മനുഷ്യന് ദുഃഖം ഉണ്ടാക്കും അതെവിടെയായാലും ആ പൂർണ്ണതയുടെ ദുഃഖത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയോ ഇല്ലയോ അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ പറയുന്നത് പൂർണ്ണതയുടെ ആനന്ദത്തെ കുറിച്ചാണ് അപ്പൊ അത് കേട്ട് മനസ്സിലാക്കേണ്ടതല്ല അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണോ ആലോചനാമൃതം എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചനാമൃതം മനനം ചെയ്താൽ ഇത് അമൃതം അല്ലെങ്കിൽ വിഷമാണ് കേൾക്കുമ്പോൾ എന്തോന്നും വിഷമാണ് വിഷം പോലെയല്ല വിഷം തന്നെ മനസ്സ് ചിന്തിച്ചാൽ അത് അമൃതമാണ് അതാലോചന അമൃതമാണ് അപ്പൊ പൂർണത നീ പൂർണനാണെന്ന് പറഞ്ഞാൽ എവിടെയാ പൂർണ്ണത എന്റെ ശരീരത്തിനാണോ പൂർണ്ണത ശരീരം കൊള്ളി ഞാൻ പൂർണനാണോ അല്ലാതെ നമുക്കറിയാം വ്യാധികൾ പീഡകൾ പിന്നെ അതാണ് നമുക്ക് പൂർണത അംഗീകരിക്കാൻ കഴിയാത്ത എവിടെയാ ഈ പൂർണ്ണത നിങ്ങളീ പറയും അത് ഈ സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാഗ്ദത്ത ഭൂമിയാണ് അത് നമ്മൾ ആ സംശയിക്കും അതുകൊണ്ട് പറ്റില്ല കർമ്മങ്ങൾ ഇല്ല അതിനും പൂർണ്ണതയില്ല ബുദ്ധിയിൽ അറിവിൽ ഉണ്ടോ പൂർണ്ണത സ്മൃതി സ്മൃതി നാശം അറിവിൻ്റെ ദോഷം എല്ലാം അറിഞ്ഞുവച്ചാലും മറന്നു പോകുന്നു അപ്പൊ ഈ തലത്തിലൊന്നും പൂർണ്ണതയില്ല ഇനി തന്നെ നമ്മുടെ കൂട്ടിച്ചേർത്താലും ഈ സംഘാതം ഇത് ഓരോന്നിൽ തന്നെ പൂർണ്ണതയില്ല പിന്നെ പൂർണ്ണതയില്ലാത്തതിനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പൂർണ്ണത നേടാൻ പറ്റും പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു നീ പൂർണ്ണനാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഈ അപൂർണതയെല്ലാം കൂട്ടിച്ചേർത്ത് അതിൽ അഭിമാനിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണനാണ് എന്ന് പറയും അപ്പോൾ അത് ഒരിക്കലും സന്തോഷത്തിന് വകയില്ല അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്യുന്നു പൂർണ്ണനാണ് സന്തുഷ്ടനാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ബോധ്യപ്പെടാതെ ഇത് സ്വയം ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് സ്വയം ബോധ്യപ്പെടണം ഇതാർക്കും ബോധ്യപ്പെടുത്താൻ കഴിയത്തില്ല ഇത് ബോധ്യപ്പെടുത്താൻ മറ്റാർക്ക് സാധ്യമല്ല ശാസ്ത്രം ഗുരു ഒന്നിന് സാധിക്കില്ല അവനോട് തന്നെ ബോധ്യപ്പെടുന്നു ഇതാണ് അദ്വൈതത്തിന്റെ നിലപാട് അവൻ പിന്നെ ഈ ശാസ്ത്രം ഗുരുവൊക്കെ എന്തിന് ശാസ്ത്രം ഗുരുവൊക്കെ പറയുന്നതാണിത് എന്താണോ അത് സ്വയം ബോധ്യപ്പെടുക അതാണ് അവരുടെ ജോലി അതാണ് അവർ പറയുന്നത് അപ്പം അത് നമ്മൾ ചെവിക്കൊള്ളാതെ നമ്മളെന്ത് ചെയ്യുന്നു ശാസ്ത്രം ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു എന്ന് ഭ്രമിക്കുന്നു അത് ഭ്രമം അതുകൊണ്ട് ഭാഷകാരനും പറയും സ്വസംവേദ്യം കേട്ടിട്ടുണ്ട് സ്വസംവേദ്യമാണ് ഇത് പരായത്തെ ബോധമല്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മറ്റൊരാൾക്ക് അധീനമായി നമ്മളിൽ ഉണ്ടാകുന്ന ബോധം അല്ല അപരായത്വമാണ് മറ്റൊന്നിനും അധീനമല്ലെന്താ കാരണം ഈ പൂർണ്ണത എന്ന് പറയുന്നത് സ്വയം പൂർണ്ണമാണ് അത് മറ്റാരുടെയെങ്കിലും സഹായം കൊണ്ട് പൂർണ്ണമായതുകൊണ്ട് സ്വയം പൂർണ്ണമായിരിക്കുകയാണ് എവിടെയിരിക്കുന്നു ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സ്വയം പൂർണ്ണമായിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയത് സ്വയം പ്രകാശമാണ് പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല എന്നുവെച്ചാൽ അത് സ്വയവും പ്രകാശിപ്പിക്കുന്നില്ല മറ്റൊരാളതിനെ പ്രകാശിപ്പിക്കുന്നു ഇല്ല അവൻ എങ്ങനെയാണ് അതിനെ ബോധ്യപ്പെടുന്നതെന്നുള്ളൊരു ചോദ്യം ോധ്യപ്പെടാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പലതും വലിച്ചു ദൂരത്തെറിയണം നമ്മൾ മുറുക പിടിച്ചിരിക്കുന്ന ഒരു ദ്വൈത ബുദ്ധിയുണ്ട് അതിനുപേക്ഷിക്കും അതാണ് അത് എന്നാലേ ഇത് ബോധ്യപ്പെടും അപ്പോ അങ്ങനെ ബോധ്യപ്പെടുമ്പോ ഉണ്ടാകുന്ന ആനന്ദത്തെയാണ് ഇവിടെ പറയുന്നത് അത് ഭഗവത്ഗീത രണ്ടാ അധ്യായത്തിൽ അപ്രമേയം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്താൽ ഓർമ്മയുണ്ടാവാർക്കും ഉണ്ടോ നമ്മൾ സ്വയം മറ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്താണ് നമ്മൾ മഴ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദ്വൈതബോധം ഇതെന്തിനെ ആചരിച്ചിരിക്കുന്നു നമ്മുടെ ഒരല്പമായ അഹംബുദ്ധി വളരെ ലോലമായ അഹംബുദ്ധിയെ നമ്മളെ ദൃഢമാക്കി വെച്ചിരിക്കുകയാണ് അതിന് നമ്മൾ എപ്പോഴും പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കും െപ്പോഴും പൊതിഞ്ഞു പിടിക്കുക നമ്മൾ നില നൃത്തമായി ശ്രമിക്കുന്നിടത്തോളം കാലം സാധിക്കില്ല മറിച്ച് നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് എന്താണ് ആ നമ്മുടെ അഹംബുദ്ധിയെ നശിപ്പിക്കാതിരിക്കുകയോ അതിനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഒരു ഉദാഹരണം പറയാം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു എമ്പളം കണ്ടിട്ടുണ്ടോ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടൊരു വിളക്കിനെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കും കണ്ടിട്ടുണ്ടോ ഉണ്ടോ എന്തിനാ പൊതിഞ്ഞ് പിടിക്കുന്നു ഏ നമ്മുടെ അഹന്തെ നമ്മൾ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല അതിലൊന്ന് സ്പർശിക്കുമ്പോഴാണ് നമ്മൾ പിടയ്ക്കുന്നത് ഉള്ള് പിടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ ദ്വൈതബോധം ചവിട്ടിയാലും തൊഴിച്ചാലും നമ്മളത് വിടത്തില്ല അതും കൊണ്ടേ പോകും വാശിയാണ് അത് ബോധിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷകാലം പറയുന്ന എന്താണ് പറഞ്ഞല്ലോ ഇത് സ്വയം ബോധിക്കൊന്നുമില്ല ഇതിനെ ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല പിന്നെ ബോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ബോധിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നുമല്ല മറ്റൊന്നും പ്രകാശിപ്പിക്കുന്നുമല്ല പിന്നെ ഇങ്ങനെ സ്വയം ബോധ്യപ്പെടുക എന്ന് പറയുന്നത് എന്താ എൻ്റെ താല്പര്യം ഈ കൈ ഒന്ന് അകർത്തി അകർത്തിപ്പിടിച്ചാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൈക്കൊമ്പൾ എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ്റെ ഭാഷ പറഞ്ഞാൽ ആ മറ മാറ്റുക എന്നുള്ളതാണ് അതേ പറ്റുക അല്ലാതെ ഇതിനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ഇല്ല നമ്മളാ മറമാറ്റം തയ്യാറാവും പിടയ്ക്കാതെ അപ്പോ ഇതെല്ലാം എന്താണോ നമ്മുടെ ദ്വൈതബുദ്ധിയെ നിരാകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം യാഹന്ത എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിടന്ന് വരും അതൊന്നുമല്ല ഇവിടെ പറയുന്നു ഇത് ദ്വൈതബുദ്ധിയാണ് നമ്മൾ സംരക്ഷിച്ചിരിക്കുന്നു അതിനെ സ്പർശിച്ചാൽ നമുക്ക് വേദനിക്കും അപ്പോൾ അതിനകത്തിരുന്നു കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന തുഷ്ടി എന്ന് പറയുന്നത് തുച്ഛമാണ് നമ്മുടെ കാര്യം പോട്ടെ വേദം എന്താ പറയുന്നത് മറക്കരുത് ഇതൊക്കെ അറിയുന്ന സമയത്ത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യം പോട്ടെ ഏ ദേവന്മാർക്കും അപ്പുറം ദേവന്മാരുടെയെല്ലാം ദേവൻ അനുഭവിക്കുന്ന ആനന്ദം പോലും ഈ കൈക്കൊമ്പിളിൽ ഒതുക്കുന്ന ആനന്ദമാണ് അതുപോലെ തുച്ഛമാണ് ഓർമ്മയുണ്ടല്ലോ ഉപൻഷത്തി ചർച്ച ചെയ്തു ആ അനന്ദം പോലും തുച്ഛമാണ് ആ ദേവനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അല്ലേ ആ ദ്വൈതബുദ്ധിയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ ദേവനാണ് ആരാധിക്കുന്നത് ആ ദേവനിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ് നമ്മൾ വലുതെന്ന് കരുതും അത് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിയാത്തത് അന്വേഷിച്ചു പോകും ഇത് ഭാഷകാരം പറയുന്നില്ല ശ്രുതി തന്നെ പറയുന്നു നമ്മൾ ലോകത്തിൽ ഏറ്റവും വലിയ ആനന്ദമെന്ന് കരുതുന്ന ആനന്ദവും തുച്ഛമാണോ ലേശം ഉപജീവൻ ലി ആ പരമാർത്ഥത്തിലുള്ള ആനന്ദത്തിന്റെ ഒരൽപ്പമാണ് അവരനുഭവിക്കുന്നത് ആനന്ദം എന്ന് പറയുമ്പോഴും ഭ്രാന്തിയിലേക്ക് പോകരു എന്തോ ഒരു ഭയങ്കര ലഹരിയാണോ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിക്കാവുന്ന സാധനമാണ് അങ്ങനെയൊന്നും വിചാരിക്കുക ആനന്ദമല്ല നമുക്ക് പരിചയമുള്ള ആനന്ദങ്ങളൊന്നുമല്ല ആനന്ദം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന സന്തുഷ്ടി ശാന്തി അപ്പോ ആ ശാന്തിയെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് ആ ശാന്തി നമ്മുടെ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് ആ ശാന്തി സ്വരൂപമായിരിക്കുന്ന ശാന്തിയെ നമുക്കനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്താണ് നമ്മുടെ തന്നെ ദ്വൈത ബുദ്ധി വ്യക്തമായും പറഞ്ഞു അതിനാണ് ശ്രുതി പറഞ്ഞത് നമ്മുടെ പശുത്വ ബുദ്ധി എന്ന് പറയും അതുകൊണ്ടാണ് ഭാഷികാരൻ എന്നത് വ്യാഖ്യാനിച്ചവും പറഞ്ഞു എന്ത് പറഞ്ഞു ഈ ദ്വൈത ബുദ്ധിയുള്ളവൻ വാലും കൊമ്പുമില്ലാത്ത വെറും പശുവാണ് അപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ആക്ഷേപിക്കാനോ മോശക്കാരനാക്കാനോ ഞാൻ വലിയ ആളാണെന്ന് പറയാനല്ല പറയുന്നു ആചാര്യൻ പറഞ്ഞത് മനസ്സിൽ വരുന്നോ പറയാണ് അത് ഇതാണ് ഞെളിപ്പിരി കൊണ്ടിട്ട് കാര്യം ഇതങ്ങനെയാണ് അത് അതിൻ്റെ സത്യമാണ് അപ്പോ അപൂർണതയെ ഗ്രഹിക്കുന്നവന് ഈ പിടിയെല്ലാം വേണ്ടി അപൂർണ്ണതയെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞെന്താണോ അപൂർണതയെ മാറ്റുക ഇത്രയുള്ളൂ പക്ഷെ നമ്മൾ അപൂർണ്ണതയിൽ നിന്നുകൊണ്ട് അതിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് എല്ലാം നേടാൻ നോക്കുന്നത് അതിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ ദ്വൈതത്തിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പൂർണ്ണതയെക്കുറിച്ച് ഭാവന ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് പറഞ്ഞ ശ്രുതിയും ഇതുപദേശിച്ച ആചാര്യനുമെല്ലാം ബുദ്ധിഹീനാണെന്നും നമ്മൾ ബുദ്ധിമാനാണെന്ന് അങ്ങനെ തോന്നിപ്പിക്കുന്ന നമ്മളീ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന സാധനം അങ്ങനെ നമ്മുടെ ഉള്ളിൽ വികൽപ്പങ്ങളും വിപര്യങ്ങളുമെല്ലാം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അപൂർണതയെ ആവരണം ചെയ്തിരിക്കുന്ന ബോധക്കേട് അത് മാറ്റിയാൽ സമാധാന ശാന്തി ആനന്ദം അതാണ് അനുഭവം എന്ന് പറയും എങ്ങനെ മാറ്റും മാറ്റുന്ന മാറ്റാൻ വേറെ ഒരു വഴിയും കൂടെ ഈ പരമാർത്ഥത്തെ അറിയുക എങ്ങനെ ഈ അറിവില്ലായ്മയും മാറ്റ അത് നേരിട്ടങ്ങോട്ട് ബോധിപ്പിക്കുകയല്ല ഉള്ളിൽ പ്രകാശിക്കുന്ന ദീപജ്വാലയെ മൂടിയിരിക്കുന്ന അമ്മറയെ മാറ്റുക അത് പ്രകാശി അതിന് വേറെ എന്തെങ്കിലും അഭ്യാസങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല വേറെ ഒന്നും കൊണ്ടും അത് മാറത്തില്ല അത് ദൃഢമായതുകൊണ്ടല്ല വളരെ ശിഥിലമായതുകൊണ്ടാണ് മാറാത്തത് അതിനൊരു മരുന്നേയുള്ളൂ ബോധം ബോധക്കേടിനൊരു മരുന്നേയുള്ളൂ ബോധം അത് നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നതിനാണ് ഈ ഇവിടെ നമ്മുടെ ആചാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളതിനെ തടസ്സം നിൽക്കുന്നു നമ്മളതിനെ അനുവദിക്കുന്നില്ല അത് ആ ഈ ബോധത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നാണ് നമ്മളെ നിലപാട് അങ്ങനെയുള്ള ഒരു സൗജന്യവും നമുക്ക് ആവശ്യമില്ല എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം ഞങ്ങളാ വഴിക്ക് പോയിക്കോളാം ഇതാണ് നമ്മളെ നിലപാട് അപ്പൊ അത് പറ്റില്ല ഉള്ളിലിരിക്കുന്ന പൂർണ്ണതയെ ബോധിക്കാതെ ൻ പൂർണനാകത്തില്ല താൻ പൂർണ്ണനാകാതെ തനിക്ക് ദുഃഖം നിവൃത്തിയില്ല തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും അവസാനം ഇട്ട കേവലം ദുഃഖം നിവൃത്തി എന്നുള്ള മാത്രമല്ല തൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനം തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തൻ്റെ ഈ ദ്വൈതബുദ്ധി തനിക്കുണ്ടാക്കി തരുന്നതാണ് സർവപ്രശ്നങ്ങളും ഇത് മാത്രമാണ് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭൗതികമായ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ആധ്യാത്മിക പ്രശ്നങ്ങളാണ് നമ്മൾ ഭൗതികമെന്ന് വിചാരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ആധ്യാത്മിക പ്രശ്നമാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഭൗതികമാണ് അല്ലാധ്യാത്മികമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സമാധാനവും ആ പ്രശ്നങ്ങൾക്കുള്ള സമാധാനവും ആധ്യാത്മികമാണ് ഇത് ആധ്യാത്മികമായൊരു സമാധാനമാണ് പറയുന്നത് ഇവിടെ പറയുന്നത് തൻ്റെ ശാന്തിക്കുള്ള ഉപായം താൻ ശാന്തനാവുമ്പോൾ നമ്മുടെ തിരിച്ചറിയും എൻ്റെ തിരിച്ചറിയും ഈ ലോകവും ശാന്തമാണ് താൻ അശാന്തനായിരിക്കുമ്പോൾ ഈ ലോകവും അശാന്തമായി തന്നെ ആയിരിക്കും അതാണ് എന്ന് വെച്ചാൽ തനിക്ക് ആധ്യാത്മികമായ അശാന്തി ഞാൻ പറയുന്ന അശാന്തിയെക്കുറിച്ചാണ് ആ ലോകത്തിന് അശാന്തി ഉണ്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്ത് പ്രവർത്തിക്കുന്നവരുമുണ്ട് അതുകൊട്ടെ അത് നടക്കട്ടെ അതൊക്കെ ആവശ്യമാണ് അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ലോകത്തെ ആശ എന്താണോ ശാന്തിയും അശാന്തിയും അതൊക്കെ യുദ്ധവും സമാധാനവും കൊണ്ട് നടന്നു പോവുകയാണ് യുദ്ധസമാധാനങ്ങളിലൂടെ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത് പരിഹരിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ചെല്ലാം കൂടെ പറയുന്നു ആത്മശാന്തി കൊണ്ട് എങ്ങനെ ലോകം ശാന്തമാകുന്നു ആത്മശാന്തിയിലൂടെ ശാന്തമായൊരു ലോകത്തെ നമുക്കെങ്ങനെ വീക്ഷിക്കാൻ പറ്റും അതാണ് ആധ്യാത്മികമായ ശാന്തി എന്ന് പറയുന്നു അതിനാണ് ആത്മീയ വിദ്യ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സ്വന്തം കാലിൽ ചെരുപ്പിടാനേ പഠിപ്പിക്കുന്നുള്ളൂ ആത്മീയത നൂറ് ശതമാനവും ആത്മീയതയെ നമ്മളെ ബോധിപ്പിക്കുന്നുള്ളൂ നമ്മുടെ സ്വന്തം കാലിൽ ചെരുപ്പിട ലോകത്ത് മുഴുവൻ ചെരുപ്പിട്ടിട്ട് അതിൻ്റെ പുറത്തൂടെ നടക്കുന്ന ഒരു വിദ്യ ആത്മീയതയിലില്ല അത് ഭൗതിക വിദ്യയാണ് അതുകൊണ്ട് അതിൻ്റെ സ്ഥാനം വേറെ അതൊരിക്കലും ആത്മീയ ജിജ്ഞാസിക്കുള്ള ശമനമല്ല ശമനൌഷധമല്ല അത് അത് ലോകം അനാദി അനന്തമായ ലോകത്തങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഭാഷകാരും പറയും അനാദിരനന്തോയും വ്യവഹാര അതിനകത്തോട്ട് ഇടപെടുന്ന കാര്യം ആത്മീയമായി ചിന്തിക്കുന്നവനില്ല ഇടപെട്ടിട്ട് പ്രയോജനമൊന്നുമില്ല അത് ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം ഭൗതികമായി ചിന്തിക്കണം അതാണ് ലോകത്ത് അശാന്തി അനുഭവം എന്ത് ചെയ്യുന്നു മനുഷ്യൻ ഭൗതികമായി ചിന്തിക്കുന്നു അതിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതാണ് ഇന്ന് ലോകത്ത് നമുക്ക് ചുറ്റും കാണുന്നത് അവിടെ നമ്മുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മളകത്തായിപ്പോയത് ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം അതാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയത്തില്ല അവിടെ നമ്മുടെ ആവശ്യമില്ല അത് ലൗകിക ബുദ്ധിയാണ് പക്ഷെ നമ്മുടെ എന്തു ചെയ്യുന്നു നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം നമ്മൾക്ക് നമ്മുടെ ലോകത്തിനാവശ്യമില്ലെങ്കിൽ ആ ലോകത്തിന് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തിനുവേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോയി ലോകശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക രണ്ടു വള്ളത്തിൽ കാൽ ചവിട്ടിയാൽ ഇതാ കിടക്കും അപ്പോൾ ഭൗതികമായ ശാന്തിക്കുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാ ആധാരം തൻ്റെ അപൂർണതാ ബോധമാണ് അതിനുള്ള ദ്വൈതബോധം എന്ന് പറയും നിസ്സംശയം നമ്മുടെ ആചാര്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്ന ധരിച്ചോളേ എന്റെ മേളിൽ കുതിര കയറാൻ വരരുത് കയറിയിട്ടും ഒരു പ്രയോജനമില്ല അധികം പക്ഷെ നിങ്ങളേങ്കിലും പാറയുടെ പുറത്തുനിന്ന് കയറി കൊടുക്കുന്നതാണ് യാതൊരു പ്രയോജനം ചെയ്തിട്ടില്ല ആചാര്യം പറയുന്നതാണ് അസത്യമാണ് പറയുന്നത് ഇതിൽ ഈ ഹിപ്പോക്രസി എന്ന് പറയുന്ന സാധനം ഉണ്ടാണ് അതിന് ഈ അതാണ് നമ്മളെ അസ്വസ്ഥമാക്കുന്നത് പറഞ്ഞു മനസ്സിലായ ഹിപ്പോക്രസി സായിപ്പ മലയാളത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പരിഭാഷപ്പെടുത്താം അതെല്ലാം അങ്ങോട്ട് കളഞ്ഞിട്ട് പൂർണതയുടെ ബോധത്തിലേക്ക് വരിക പിന്നെ ആത്മശാന്തി അതെന്താണെന്ന് മനസ്സിലാവും അതാണ് ഇവിടെ പറയുന്നത് ഭക്ഷിക്കാരൻ പറയുന്നു അപ്പോൾ തൻ്റെ പൂർണ്ണത അത് താൻ അറിയുമ്പോൾ അതെങ്ങനെ അറിയുന്ന നേരത്തെ പറഞ്ഞു അവിടെ തനിക്ക് ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകും അടങ്ങും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു കാരണം ശാന്തി അവിടെയുള്ളൂ വേറൊരിടത്തും ഇല്ല ഭൗതികതയിൽ ലൗകികത്തിൽ ശാന്തി ഉണ്ടായാൽ അത് താത്കാലികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിങ്ങൾക്ക് പിടിക്കാത്ത കാര്യം താത്കാലിക ഉണ്ട് അവിടെ ഇല്ലെന്ന് പറയുന്നത് പൂർണ്ണതയിൽ അത് ശാന്തമാണത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ശാന്തി അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് സാങ്കേതികമായി കൂടാതിനെക്കുറിച്ച് പറയാം അതായത് സൂര്യൻ പ്രകാശിച്ചിരിക്കുകയാണ് അതിന് കതിരവൻ എന്നാണ് പറയുന്നത് മലയാളത്തിൽ എന്നിട്ട് എപ്പോഴും പ്രകാശം ചൊരിഞ്ഞിരിക്കുകയാണ് അതിനു ചുറ്റും ഇരുട്ടിന് സ്ഥാനമില്ല അതിൽ നിന്ന് നമ്മൾ അകലുമ്പോഴാണ് എന്ത് വരുന്നത് ഇരുട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പറയുന്നതിൻ്റെ നമ്മൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പുകമറ ആത്മീയതയുടെ പേരിൽ ഒരു ഹിപ്പോക്രസി എന്ന് പറയാം അത് നമ്മൾ മാറ്റുന്നു ആ പറയുന്നത് ദ്വൈതബുദ്ധിയാണ് ഞാൻ പറയുന്നത് നമ്മളിന്ന് വേറെ ധരിച്ചുകളാണ് ആ ദ്വൈതബുദ്ധിയെ മാറ്റുന്നത് അങ്ങനെ ഇവിടെ നമ്മുടെ ആചാര്യൻ ബോധിപ്പിക്കുന്ന വിവേകം കൊണ്ട് അതുകൊണ്ടാണ് അതിനെ മാറ്റം വേറെ ഒന്നുമില്ല നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്ക്കാപതനൊന്നും സംഭവിക്കില്ല മനസ്സിൽ ചിത്രത്തിൽ നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിരിക്കും ടപ്പന ഒന്നുമില്ല നമ്മുടെ വിവേകം തിരിച്ചറിവെന്ന് സിമ്പിളായ ഭാഷയിൽ പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുക ഇത്രയേ ഉള്ളൂ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വപ്ന ജീവികളുണ്ട് അതൊന്നും അവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല അപ്പോൾ ഈ വിവേകം വരുമ്പോൾ മനസ്സിലാകും ഉള്ളിൽ പ്രകാശിക്കുന്ന ആദിത്യൻ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല ബോധക്കേടിന് സ്ഥാനമില്ല അശാന്തിക്ക് സ്ഥാനമില്ല ദുഃഖത്തിന് സ്ഥാനമില്ല ബോധം ബോധക്കേടൻ്റെ നശിപ്പിച്ചു ശരി ബോധം ബോധക്കേടൻ നശിപ്പിച്ചു ബോധം ബോധക്കേട് നശിപ്പിച്ചാൽ പിന്നെ നാശമാണ് ഒരു ശൂന്യതയല്ലേ പിന്നെ ഇവിടുന്ന് ഈ ആനന്ദം ശാന്തി ഈ പറയുന്ന വാഗ്ദത്ത ഭൂമി എവിടെ അതാണ് നേരത്തെ ഉദാഹരണം പറയുന്നത് ആദിത്യനിൽ നിന്ന് അന്ധകാരം വരുന്നില്ല പിന്നെ അതിൻ്റെ പ്രകാശമാണ് അതാണ് ആനന്ദം എന്ന് പറയുന്നത് അല്ല വേറിട്ടൊരു ആനന്ദം അവിടേക്ക് കടന്നു വരാനൊന്നുമില്ല ആദിത്യനിൽ മറ്റൊരു പ്രകാശം വരത്തില്ല അവിടെ എന്താണുള്ളത് ഏട്ടയുമോ ഹീനിയോ എന്തം ആയിക്കൊള്ളട്ടെ അതിൻ്റെ പ്രകാശമാണ് അവിടെ ഉള്ളത് പുറത്തുന്നൊരു പ്രകാശത്തിന് അവിടെ എത്താൻ പറ്റത്തില്ല അവിടെ എത്തുന്നു അത് ഇരിച്ചുകളി അതിൻ്റെ ആവശ്യം അതുപോലെ ഈ മറം മാറുമ്പോ ഈ ശാന്തി ആനന്ദം സന്തുഷ്ടി എന്നെല്ലാം പറയുന്നത് ഇതിൻ്റെ തന്നെ സ്വരൂപമാണ് എന്നാ എന്തുകൊണ്ട് ഞാൻ ആനന്ദസ്വരൂപനാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആനന്ദ തുന്തിലനായിരിക്കാത്തത് അങ്ങനെയൊക്കെയല്ലേ പറയും അത് കഴിയില്ല ആദിത്യൻ എത്ര ജ്വലിച്ചാലും ശരി നമ്മുടെ മൃദുലമായ രണ്ട് കൺപോളകൾ മതി അങ്ങനെ മറയ്ക്കാൻ വേറെ ഒന്നും വേണ്ട ഒരു വിരൽ തുമ്പ് മതി അതുപോലെയാണ് ദുർബലമായ ഞാൻ പറഞ്ഞല്ലേ ശിഥിലമായ നമ്മുടെ ഈ ോധക്കേട് നമ്മൾ ഈ രണ്ട് കൈകൊണ്ടും പൊത്തിപ്പിടിക്കുന്നതെന്ന് കൊണ്ടാണ് നമുക്കറിയാം നല്ലൊരു കാറ്റ് വന്നാൽ അത് പോയി കൊണ്ടാണ് നമ്മൾ പൊത്തിപ്പിടിച്ച് കൈക്കുള്ളിൽ വയ്ക്കുന്നത് നമ്മുടെ ഒരു പിടിവാശിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ശാന്തി സമാധാനം എല്ലാമാണ് തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു പുകമറകൾ സൃഷ്ടിക്കുന്നു ആ പുറ പുകമറയുടെ ചുരുക്കപ്പേരാണ് നമ്മുടെ ദ്വൈതബുദ്ധി എന്നിട്ട് അതിനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ആത്മീയതയുടെ പേരിൽ പല അഭ്യാസങ്ങളും കാണിക്കും അതിനാണ് ഞാൻ നേരത്തെ ഇംഗ്ലീഷ് പറഞ്ഞത് നമ്മൾ സ്വയം തന്നെ ചെയ്യുന്നതാണ് അപ്പോ അങ്ങനെ ഉള്ള ഒരു ആത്മതുഷ്ടി ആത്മനിർവൃതി അതാണ് ഇവിടുത്തെ വഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെവിടെയെങ്കിലും കയറിപ്പറ്റുന്ന ഒരു സ്ഥാനമല്ല അതിൻ്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നതാണ് അതിന് എന്താണ് ഉള്ളിൽ വിവേകം ഉണ്ടാവണം അതോ എങ്ങനെ വിവേകം ഉണ്ടാവും നമ്മൾ തടയാതിരുന്നാൽ മതി ഈ അവവേകം നശിച്ചു പോകും നമ്മൾ ഈ കൈമാറ്റിയാ അകത്തിരിക്കുന്ന വിളക്ക് ഊതിക്കൊടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൈമാറ്റിയാലത് ദുർബലമാണതങ്ങനെ പോവും അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളീ വിവേകത്തെ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കാൻ അവ അനുവദിക്കുന്നില്ല പ്രകാശിക്കാൻ അനുവദിക്കുന്നില്ല മറിച്ച് നമ്മുടെ വിവേകശൂന്യതയെ വിളക്കായി സങ്കല്പിച്ച് പൊതിഞ്ഞു പിടിക്കുകയാണ് ഇതാണ് വ്യത്യാസം നമ്മുടെ ആ വിവേകശൂന്യതയാണ് നേരത്തെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു അവിടെയാണ് സംഭവം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വിടണം അപ്പോൾ ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ആ പിടിത്തം ആ പഠിത്തപ്പെടുന്നതിനാണ് ഭാഷകാരൻ എപ്പോഴും പറയുന്നത് ത്യാഗം ത്യാഗം സന്യാസം ത്യാഗം എന്ന് പറയും നമ്മൾ എന്തെങ്കിലും സ്വീകരിക്കുന്ന എന്താ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗീതാ ഭാഷത്തിൽ തന്നെ നിങ്ങൾ ത്യാഗം എന്ന് പറഞ്ഞ് എന്തോ സ്വീകരിക്കുന്നു ഇന്നും പോലെ ഞാൻ ത്യാഗിയാണ് എന്താ ഇന്നും പോലെ നിങ്ങൾ സമ്പാദിച്ചത് എന്തോ സമ്പാദിച്ചത് അതല്ല ഇവിടെ പറയുന്ന ത്യാഗം അതിനുമായിട്ട് യാതൊരു തത്വത്തിലൊരു ബന്ധമില്ല പിന്നെ ബാഹ്യമായൊക്കെ ബന്ധങ്ങളുണ്ട് അതൊക്കെ ലൗകികമായ കാര്യങ്ങൾ നമ്മളിപ്പോൾ ലൗകികത്തെക്കുറിച്ചല്ല പറയും ഇപ്പം നമ്മൾ പറയുന്നത് ശുദ്ധമായ ആത്മീയതയെക്കുറിച്ചാണ് അവിടെ ഈ നമ്മൾ കൽപ്പിച്ചു വച്ചിരിക്കുന്ന ത്യാഗത്തിനൊന്നും യാതൊരു സ്ഥാനമില്ല അതും നേരത്തെ പറഞ്ഞ് ഈ പൊതിഞ്ഞ് പിടിക്കലിൻ്റെ ഭാഗമാണ് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നത് വേഷഭൂഷാദികൾ കൊണ്ടൊക്കെ വെറും അർത്ഥശൂഞ്ഞു എവിടെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോ പുറമേക്ക് വരുമ്പോൾ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് അതിനെ കുറിച്ചല്ല ഞാൻ പറയും ഭാഷക്കാരൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് പറയുന്നത് ഉള്ളിൽ ഉള്ളിലേക്ക് പോയി ചിന്തിക്കണം ഈ പറയുന്ന എന്നാലേ അത് മനസ്സിലാകത്തുള്ളു അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനാണ് തപസ് എന്ന് പറഞ്ഞാൽ അതാണ് മനനം സ തപ ത നീ ചിന്തിച്ചെന്നാ പറയുന്നു വേറെ തസ്സെന്നു മനനം ചെയ്ത ഒന്നാണ് അതാണ് മനനം മനനം ചെയ്തിട്ടെവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക മനനം കൊണ്ട് തന്നെ എന്നെ പരിഹരിക്കുക അതാണ് ഇവിടെ പറയുന്നത് അപ്പോ ഇവിടെ ഈ നിമിഷത്തിൽ നിന്നുകൊണ്ടും നിങ്ങൾക്ക് ചോദിക്കാം എന്താ പറഞ്ഞത് അല്ലേ ഇത്രയും കേട്ടതിന് ശേഷവും ചോദിക്കാം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാം ചോദിക്കുന്ന മനസ്സുകളുണ്ട് ആ ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട് അതിന്റെ പേരെന്താണ് ഈ പറഞ്ഞതിന്റെ എന്നാ ആ പേര് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമാകുന്നില്ല പേര് പറഞ്ഞ ആളെ പഠി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വയം പേരിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഉണ്ടോ ചിലപ്പോൾ ചിലരൊക്കെ വൈരാഗ്യ മാർത്താണ്ഡനമെന്നും മറ്റേ പണ്ഡിതരത്നമൊന്നും ഒക്കെ പേരിട്ടവർ കാണും അതന്നെ ഞാൻ ചോദി നമുക്ക് വാസ്തവത്തിൽ പേരിൻ്റെ ആവശ്യം പേരാവശ്യമുള്ള ആർക്കായിരുന്നു മറ്റുള്ളവർക്കായിരുന്നു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ആയിരുന്നു പേരിൻ്റെ ആവശ്യം കാക്കയ്ക്കും ഇക്കാക്കുമൊക്കെ വരുന്നു പേരിൻ്റെ ആവശ്യം അല്ലേ നമുക്ക് പേരുടെ ആവശ്യം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക് പേരിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പേരൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ടാ നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് പേരിൻ്റെ ആവശ്യമില്ല ഇവർ പേരിടുന്നതിന് പേര് നമ്മൾ നമ്മളെ അറിഞ്ഞവരാണ് അല്ലേ നമ്മളെ പേര് നമ്മളറിയുന്നു തന്നെ നമ്മൾ നമ്മളെ അറിഞ്ഞു പിന്നെ പേര് കൊണ്ട് നമ്മൾ എന്തിനാ അറിയുന്നത് അപ്പോൾ ഈ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ബ്രഹ്മത്തെക്കുറിച്ചാണോ അതേ ആത്മാവിനെ കുറിച്ചാണോ അതോ ജീവാത്മ പരമാത്മഐക്യത്തെക്കുറിച്ചാണോ ഒരു മണ്ണാംഘട്ടമില്ല അങ്ങനെയുള്ള സംഗതികളൊക്കെ എന്താണ് അങ്ങനെയുള്ള പേരുകളിലൂടെ ഒന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല അങ്ങനെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നമ്മളെ അറിയുന്നതിന് നമുക്കൊരു പേരിൻ്റെ ആവശ്യം അതുകൊണ്ട് അത് എന്തുകൊണ്ട് ആവശ്യമില്ല അത് അറിവായി നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മള് മറക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന ആരുമല്ല തുടക്കത്തിൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷ്ടിയിലും എല്ലാം നമ്മളറിഞ്ഞും അറിയാതെയും അറിഞ്ഞാലും പ്രശ്നമില്ല അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല അങ്ങനെ ഉള്ളിൽ പ്രകാശിക്കുന്ന അറിവാണ് അതിന് പേരിൻ്റെ ആവശ്യമില്ല പേരിടാതെ എല്ലാം നമ്മളറിയും അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ പേരിട്ട് വിളിക്കുമ്പോൾ തന്നെ നമ്മളെ അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞു നമ്മളെങ്ങനെയാ മറ്റുള്ളവർ നമ്മളെ പേറ്റ് വിളിക്കുന്നു അറിഞ്ഞു അങ്ങനെ ഞാൻ അതറിഞ്ഞില്ലേ നമ്മളെ അറിഞ്ഞ നമ്മൾ നമുക്കിട്ട പേര് ഈ പേരിട്ടവരാരും നമ്മൾ ഒരിക്കലും വിളിച്ചിട്ടില്ല അവരൊക്കെ എന്താ വിളിച്ചത് നീ ഇന്ന് എന്ത് വിവരൊക്കെ ഇടന്ന് നോക്കണം എന്തൊരനീതിയാണ് നമ്മളോട് കാണിച്ചത് എല്ലാവരും നീ നീന്ന് വിളിച്ചു അവർ പലതും വിളിച്ചു നമ്മൾ നമ്മളെ അറിഞ്ഞെങ്ങനെ അതെപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോ ആ അതെവിടെ ചെന്ന് എത്തുന്നു അത് അതുകൊണ്ടാണ് അതിന് അത് എന്താണെന്ന് ചോദിക്കേണ്ട കാര്യം നിങ്ങൾ ചോദ്യമില്ല എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇതുവരെ പറഞ്ഞ എന്താണ് തന്നെ അറിയാത്തവരോട് എന്ത് പറയാനും എന്തുകൊണ്ടാണ് അങ്ങനെ തലതിരിഞ്ഞു പോയത് ഇതുവരെ നീ നീ നീ എന്ന് പറഞ്ഞ് കേട്ടോ വളർന്നത് എപ്പോഴും ചെവിയിൽ അലച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അതാണോ ഇപ്പൊ തന്റെ കാര്യം മറന്നുപോയി തന്നെ താൻ തന്നെ എന്ത് ചെയ്തു ക്യാൻസർ ചെയ്തു അവനെങ്ങനെയുള്ള എങ്ങനെ ബോധം വരും എന്നുവെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സയൻസും കണക്കും പഠിച്ചതുപോലെ അല്ല പഠിക്കേണ്ടതെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെ പഠിക്കണം എങ്ങനെ എങ്ങനെ അറിയണമെന്നും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഏ ധൈര്യത്തിൽ പറയുക അന്തർമുഖമായി അറിയണം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നൂറു ഓണ പറഞ്ഞു അന്തർമുഖമായി അറിയുമ്പോൾ പിന്നെ അവിടെ പേരിൻ്റെ ആവശ്യമില്ല അങ്ങനെ അറിയുമ്പോഴാണ് ഭാഷകാലം പറയുന്നവൻ ശാന്തനാണ് അവൻ ആനന്ദനാണ് അവൻ ശാന്തിയെ അനുഭവിക്കുന്നു ഇതിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ തൻ്റെ തന്നെ തിരിച്ചറിവ് തൻ്റെ തന്നെ വിവേകം പിന്നെ നമ്മളീ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് മുയലിന് കൊമ്പ് മുളയ്ക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളൂ നമ്മൾ പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ടും പ്രതീക്ഷ നല്ലതാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷകളൊക്കെ എപ്പോഴും നല്ലതാണ് അതിന് വരെയും നമുക്ക് അസ്തമിക്കാത്ത പ്രതീക്ഷ വേണം അവസാനിക്കാത്ത സ്വപ്നങ്ങൾ വേണം അതെല്ലാം ശരിയാണ് എന്തിനു വേണ്ടി ഈ ലൗകികത്തിന് വേണ്ടി ഭൗതികത്തിന് വേണ്ടി അതെല്ലാം വേണം അതാണ് നമ്മൾ നിലനിർത്തുന്നത് എന്തുകൊണ്ട് നമ്മൾ സ്വപ്നങ്ങളെ നിലനിർത്തുന്നു പ്രതീക്ഷണങ്ങൾ നടന്ന് കാരണം നമ്മൾ യാദൃച്ഛിത കഥ യാദർച്ഥ യാദൃച്ഛുകഥയിൽ നമ്മൾ വിശ്വസിക്കുന്നുകൊണ്ടാണ് ഇന്ന് ശരിയായില്ല നാളെ എന്തെങ്കിലും സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് പറയുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും ആകാശത്തുനിന്ന് വന്ന് ഇനി ആകാശത്തുനിന്ന് വീണാൽ അത് പ്രതീക്ഷിച്ച് സംഭവിക്കുന്നതുമല്ല അത് നമ്മുടെ സ്വപ്നത്തിൻ്റെ ഫലമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നിമിഷം സംഭവിക്കണം അടുത്ത നിമിഷം സംഭവിക്കേണ്ട കാര്യമല്ല എന്നുവെച്ചാൽ നമ്മുടെ ബുദ്ധി ഇപ്പം തെളിയും അതാണ് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ് പാണ്ഡവികത്തിൽ എന്ത് പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ കുറച്ച് ഒന്നുകൂടെ ഒന്ന് ഉറച്ച് പറഞ്ഞേ ഞാൻ കേൾക്കട്ടെ ഞാൻ പറയുന്ന നിങ്ങളെ കേൾക്കാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ല എന്താ കുഴപ്പം ആ അതല്ല കറക്റ്റ് അതല്ല പേടിക്കുന്ന എന്തിനാ ഞാൻ എത്രയൊരു ഭീകരനാണ് എനിക്കങ്ങനെ തോന്നുന്നു ഞാൻ ഇത്തിരി കടുത്ത ഭാഷയിൽ ചിലപ്പോൾ പറയുന്നുള്ളോ പറഞ്ഞു പോകുന്നതാണ് മനഃപൂർവ്വം പറയുന്നില്ല ഞാനൊരു പാവമാണ് വെറും പാവാണ് നിങ്ങളെ കാണുന്നത് വെറും പച്ച പാവമാണ് വെറുതെ ഞങ്ങളൊരു ഭീകരനായിട്ടൊന്നും കാണരുത് അത് തന്നെ പറയും ആ പറഞ്ഞത് തന്നെയാണ് ചെറുപ്പ സമ്മകാലം സംഭവിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്നാണ് ഭാവിഷ്കാരം പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ എന്തു വേണം ആ അതെ മോന അല്ലെങ്കിൽ വിചാരത്തിലൂടെ രണ്ടു വഴിയോ അങ്ങനെയാണ് സംഭവിക്കേണ്ടത് അവിടെയും എന്താണോ ഉൽക്കാപതനം പോലെയല്ല നമ്മള് വിചാരം ആ വിചാരം തന്നെ നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന വിവേകത്തെ ഉണർത്തി ആ വിവേകമില്ലായ്മയെ മാറ്റി അതിനൊരു പ്രോസസ്സുണ്ട് അങ്ങനെ സംഭവിക്കുക അല്ല ഒന്നും സംഭവിക്കുന്നില്ല അന്നും ആരും പ്രതീക്ഷിച്ചിരിക്കേണ്ട നടത്താൻ പോകുന്നു ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അത് ചോദിക്കുന്നവൻ തന്നെ എങ്ങനെ അതാണ് ഈ പറഞ്ഞ കാര്യങ്ങളത് പുറമേ ചിന്തിച്ച് വ്യവലാത്തിപ്പെടേണ്ട കാര്യമില്ല ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നോക്കിയാൽ മതി കാര്യങ്ങളെല്ലാം പിടി ഇത് നമ്മുടെ ആചാര്യന്മാരെല്ലാം പറയുന്നുണ്ട് നിങ്ങളിതിനെങ്ങനെ സമീപിക്കുന്നു അതുപോലെ ഇരിക്കും ഇത് നിങ്ങളെ സമീപിക്കുന്നത് അതാണ് ഒരു വലിയ മലയാണെന്നിരിക്കട്ടെ അത് കയറേണ്ട വഴിയുണ്ട് ആ വഴി കയറി കഴിഞ്ഞാൽ നമുക്കതിനെ കീഴടക്കാം അല്ലെങ്കിലോ വഴി തെറ്റിയാലോ പരാജയപ്പെടും അതുപോലെയാണ് ഇത് എന്റെ വഴിക്ക് പോയാൽ ഇത് അത്യന്തം ലളിതവും സരളവും അനായാസം പറയുന്നെന്താണ് ഒരു പുഷ്പദത്തെ റോസാപ്പുവിന്റെ ഒരു ദളത്തെ അടർത്തി മാറ്റുന്നത് പോലെ അത്ര അനായാസമാണ് അങ്ങനെ മാറ്റണമെന്നുള്ള പറയുന്ന അനായാസത്തെ കാണിക്കാൻ വേണ്ടി പറയാം മറിച്ചാണെങ്കിലോ കൈലാസാരോഹണം പോലെ ആയി എത്തിയില്ലെന്നും വരും പത്തിന്റെ അനായാസമായി ഇത് ഗ്രഹിക്കാമെന്ന് പറയുന്നത് ഇത് അത്യന്ത സഹജമായി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതുകൊണ്ടാണ് അതിനെ അത്യന്ത അനായാസമായി ഗ്രഹിക്കാമെന്ന് പറയുന്നത് അതിനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി എങ്ങനെ ആനന്ദം എന്താണ് ആനന്ദം എന്ന് മനസ്സിലാക്കണം ആദ്യം അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഒരു പ്രസക്തി ഇല്ല എങ്ങനെ ആനന്ദം എന്താണ് ആനന്ദം അതിനാണ് അതിൻ്റെ ഉത്തരവ് അവന് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പുറകെ പോകേണ്ടത് നമ്മൾ എന്താണ് ആനന്ദം എന്ന് മനസ്സിലാക്കാതെ എങ്ങനെ ആനന്ദം എന്നുള്ള ചോദ്യത്തിൻ്റെ പോകും ഒരു മിസ്റ്റേക്കാണ് ഗുരുതരമായ അതാണ് ഇവിടെ വിശദീകരിച്ചത്